യൂസുഫ് അലേഹിസലാം ഓ സത്യസന്ധനായ വ്യക്തിയെ ഏഴ് തടിച്ച പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും ഏഴ് പച്ചക്കതിരുകളെയും മറ്റു ചിലത് ഉണങ്ങിയതിനെക്കുറിച്ചും ഞങ്ങൾക്ക് വിശദീകരിച്ചു തരയണമേ എങ്കിൽ എനിക്ക് ജനങ്ങളുടെ അടുത്തേക്കും മടങ്ങാം അവർ അത് മനസ്സിലാക്കിയേക്കാം